അള്ളാഹു സുബഹാനഹുവച്ചാലായ കൂടാതെ നിങ്ങൾ വിളിക്കുന്നവരിൽ നിന്നും നിങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുന്നു ഞാൻ എന്റെ രക്ഷിതാവിനെ വിളിക്കുന്നു എൻറെ രക്ഷിതാവിനെ വിളിച്ചതുകൊണ്ട് ഞാൻ നിർഭാഗ്യവാനാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു